അധ്യായം അന്നാളിൽ ദാവിത് ഗ്രഹത്തിനും എരുശിലെ നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും അന്നാളിൽ ഞാൻ ദേശത്തുനിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും ഇനി അവയെ ഓർക്കയുമില്ല ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തുനിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ ഘോഷക്ക് സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനോടിരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല ഞാൻ പ്രവാചകനല്ല കൃഷിക്കാരനത്രേ എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും എന്നാൽ അവനോട് നിന്റെ കൈയിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിനവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നുത്തരം പറയും വാളെ എന്റെ ഇടയന്റെ നേരയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവിയുടെ അരിലപ്പാട് ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ഞാൻ ചെറിയവരുടെ നേരെ കൈത്തിരിക്കും എന്നാൽ സർവ്വ മൂന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും മൂന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവിയുടെ അരിലപ്പാട് മൂന്നിൽ ഒരംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നതുപോലെ അവരെ ഊതിക്കഴിക്കും പൊന്ന് ശോധന കഴിക്കുന്നതുപോലെ അവരെ ശോധന കഴിക്കും അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയും